നമ്മെ രക്ഷിച്ച ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും കാൽവരി ക്രൂസിൽ യേശു ക്രിസ്തു യാഗമായി തീർന്നതിനെക്കുറിച്ചാണ് നാം എപ്പോഴും ചിന്തിക്കാറുള്ളത് എന്നെ രക്ഷിക്കാനായി യേശു ക്രിസ്തു ക്രൂശിൽ അടിയേറ്റു ക്രൂശിൽ പാടുപെട്ടു രക്തം ചിന്തി യേശുക്രിസ്തു മരിച്ചു എന്നുള്ള ഈ ചിന്ത എന്നെ രക്ഷിക്കാനായി കർത്താവ് ഇത്രത്തോളം എന്നെ സ്നേഹിച്ചല്ലോ അതുകൊണ്ട് ഞാനും കർത്താവിനെ സ്നേഹിക്കും എന്ന് നാം പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം മാത്രമല്ല നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരികയും ഈ ഭൂമിയിൽ ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കുകയും അതിനെ തുടർന്ന് മൂന്നര വർഷം ശുശ്രൂഷ ചെയ്യുകയും അതിനുശേഷം ക്രൂശിൽ മരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ദൈവിക പദ്ധതി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും ഒരു പാപം പോലും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച് അതും നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ് നമ്മെ സഹായിക്കുവാനും ശക്തീകരിക്കുവാനും വേണ്ടിയാണ് എന്നുള്ളത് നാം ഓർക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിനെ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം യേശുവിനെക്കുറിച്ച് നാം വായിക്കുന്നത് മത്തായി ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവിടെ യേശു എന്ന് പേരിടേണം എന്ന് പറയുമ്പോൾ അവൾ ഒരു മകനെ പ്രസവിക്കും മത്തായി ഒന്നിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അത്തായി ഒന്നിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവളൊരു മകനെ പ്രസവിക്കും തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കാൽവറിക്രൂശില് മരിച്ച് ഉയർത്തെഴുന്നേറ്റത് എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ശേഷം യേശു ക്രിസ്തുവിനെ ഒരു ശിശുവായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് ഹെരോദാവ് ശ്രമിച്ചു എന്ന് നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട് മൊത്തമായി രണ്ടാമധ്യായത്തിലൊക്കെ നാം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കൊല്ലാനായിട്ട് യേശുവിനെ ഒരു ശിശുവായിരുന്ന രണ്ട് വയസ്സിന് മുമ്പ് യേശുവിനെ കൊന്നിരുന്നെങ്കിലും യേശു ഒരു പാപവും ചെയ്യാതെയായിരുന്നല്ലോ ഈ ഭൂമിയിൽ നിന്ന് മാറുന്നത് എന്നാൽ നമ്മുടെ രക്ഷണപ്രവൃത്തി പൂർണ്ണമാകുമായിരുന്നു ഒരിക്കലും പൂർണ്ണമാകുമായിരുന്നില്ല യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടു വയസ്സുവരെയല്ല മുപ്പത് വയസ്സുവരെ അല്ല മുപ്പത്തി മൂന്ന് വയസ്സുവരെ അതെന്തുകൊണ്ടാണ് അത്രയും വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ദൈവം ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു നമുക്ക് നാം ഓരോരുത്തരും അഭിമുഖീകരിക്കാവുന്ന എല്ലാ പരീക്ഷകളും യേശു ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ച് അത് സഹിച്ചു അത് അനുഭവിച്ചു ആ പരീക്ഷയുടെ തീവ്രത യേശു അനുഭവിച്ചു യേശു ഈ പരീക്ഷയുടെ തീവ്രത അനുഭവിച്ചെങ്കിലും ഒരിക്കൽ പോലും യേശു പാപത്തിന് ഇടം കൊടുത്തില്ല പാപത്തിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങിയില്ല ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവിന് ദൈവത്തിൻ്റെ നാം ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്നത് തൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ താനൊരു ദൈവം എന്നുള്ള നിലയിലല്ല ഈ പരീക്ഷകളെ നേരിട്ടത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ പരീക്ഷകളെല്ലാം ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു മനുഷ്യനായ എനിക്ക് ഒരു സഹോദരന് ഒരു സഹോദരിക്ക് ഒരു ചെറുപ്പക്കാരന് ഒരു ചെറുപ്പക്കാരിക്ക് ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം കർത്ത യേശുക്രിസ്തു വിവാഹം കഴിച്ചില്ലല്ലോ അപ്പോൾ യേശുക്രിസ്തുവിന് എങ്ങനെയാണ് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്ത് തീവ്രമായ പരീക്ഷയാണെങ്കിലും എന്ത് തീവ്രമായ ടെംപ്റ്റേഷനാണെങ്കിലും നാം ഇന്ന് അനുഭവിക്കുന്ന ഏതു തരത്തിലുള്ള തീവ്രമായ ടെംപ്റ്റേഷനും യേശു ക്രിസ്തു ഈ മുപ്പത്തിമൂന്നര വയസ്സിനുള്ളിൽ യേശു ക്രിസ്തു അത് അനുഭവിച്ചു ആ ടെംപ്റ്റേഷൻ യേശു ക്രിസ്തു അനുഭവിച്ചെങ്കിലും യേശു ക്രിസ്തു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല എന്തുകൊണ്ടാണ് യേശു പാപം ചെയ്യാതിരുന്നത് യേശു പാപം ചെയ്യാതിരുന്നത് യേശു ഓരോ പ്രാവശ്യവും ആ പാപത്തിൻ്റെ പ്രലോഭനം അവനുണ്ടായപ്പോൾ അവൻ എന്നെയും നിന്നെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് മനസ്സിൽ കണ്ടു ആ സമയത്ത് യേശു അവിടെ ആ പാപത്തിന് എവിടെയെങ്കിലും ഈൽഡ് ചെയ്താൽ ആ രക്ഷണ പ്രവൃത്തി അതോടെ നിൽക്കുകയാണ് കർത്താവിന് നമ്മെ രക്ഷിക്കു വേണ്ടിയിട്ട് കാരണം പാപമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് അതിനെ തുടർന്ന് കാൽവരി ക്രൂശിൽ മരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പാപക്ഷമ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ ഭൂമിയിൽ ഈ മുപ്പത്തിമൂന്നര വയസ്സ് പ്രായം വരെ ഒരു കുഞ്ഞായി ഒരു ചെറുപ്പക്കാരനായി ഒരു ആ രീതിയിൽ മുതിർന്ന അഡൽട്ടായി യേശു ക്രിസ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എല്ലാ തരത്തിലുള്ള പരീക്ഷകളും അത് നമ്മെ വെല്ലുവിളിക്കുകയും നമ്മെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ നിങ്ങൾ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ നാം ലാഘവുമായി പലപ്പോഴും എടുക്കാറുണ്ട് എന്നാൽ യേശു എന്നെ സ്നേഹിച്ചുകൊണ്ട് ഓരോ പരീക്ഷയും ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഓരോ പരീക്ഷയും യേശു അത് അനുഭവിച്ചു അതിൻ്റെ തീവ്രതയോടെ യേശു അനുഭവിച്ചെങ്കിലും ഒരിക്കൽ പോലും അവിടെ പാപത്തിനോട് വശംവതനാകാതെ പാപത്തിനോട് യേശു പറയാതെ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് പാപത്തെ വെറുത്ത് പാപത്തോട് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവ് അപ്രകാരം ജീവിച്ചതുകൊണ്ടാണ് നമ്മുടെ രക്ഷണി പ്രവൃത്തി പൂർണമായിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ും എത്രമാത്രം ഈ പാപത്തെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു യേശുവിനെക്കുറിച്ച് നാം രണ്ട് കുരിന്തിർ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവിടെ പോലും സപ്പോസ് തോലൻ ലേഖനം എഴുതുമ്പോൾ യേശുവിനെക്കുറിച്ച് ഇങ്ങനെയാണ് പരാമർശിക്കുന്നത് രണ്ട് കുരിന്തിയർ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം പാപം അറിയാത്തവനെ പാപം റിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടവൻ നാം അവനിൽ അല്ലെങ്കിൽ ദക്ഷിണ പ്രവൃത്തി നമ്മിൽ പൂർത്തിയായി നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതി ആകണമായിരുന്നു അവൻ പാപം അറിയാത്തവനായി പാപം ചെയ്യാത്തവനായി പാപത്തിൻ്റെ പ്രലോഭനത്തിന് മുമ്പിൽ ഒരിക്കൽ പോലും വശംവദനാകാതെ ഈ ഭൂമിയിൽ ജീവിക്കണമായിരുന്നു എന്നാണ് നമുക്ക് ഈ ദൈവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യേശുവിനെക്കുറിച്ച് ഒന്ന് പത്ര ദിവസം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒന്ന് പത്ര രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യം അവൻ പാപം ചെയ്തില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു പാപവും ചെയ്യാതെ വായിൽ വഞ്ചനയില്ലാതെ യേശു ജീവിച്ചു യേശു അങ്ങനെ ജീവിച്ചപ്പോൾ അതെങ്ങനെയാണ് യേശുവിനങ്ങനെ ജീവിക്കുവാൻ കഴിഞ്ഞത് യേശുവിന് ജീവിക്കുവാൻ കഴിഞ്ഞത് നമ്മൾ എബ്രാഹിം ലേഖനത്തിൽ പല വാക്യങ്ങളും യേശുവിനെങ്ങനെയാണ് അപ്രകാരം ജീവിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് വെളിച്ചം വീശുന്ന പല വാക്യങ്ങൾ എബ്രായ ലേഖനത്തിലുണ്ട് ഞാൻ ചില വാക്യങ്ങൾ നമുക്ക് ചേർന്ന് നോക്കാം എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം അവിടെ വായിക്കുന്നുണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് എന്നാൽ അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല അതിൻ്റെ നമ്മളെ പലപ്പോഴും പറയാറുണ്ട് ആ മലയാള തർജ്ജിമയിൽ ചില തെറ്റുകളുണ്ട് ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് ഫോർ വി ഡി നോട്ട് ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു കെ നോട്ട് വിത്ത് അവർ വീക്ക്നെസ്സസ് ബട്ട് വൺ Who has been tempted in all things as we are, yet without sin. In all things. In all things. That is everything. Everything. We can do everything. We call it. We call it The Fprü padding and it is not, എന്ന് നാം എബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു ഓരോ പ്രാവശ്യവും ഇപ്രകാരം പ്രലോഭനം പരീക്ഷകൾ യേശു നേരിട്ടപ്പോൾ നമ്മൾ എബ്രാഹിം ലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പതിനേഴാം സോറി അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് ഐഹിക ജീവകാലത്ത് എന്ന് പറയുന്നത് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച മുപ്പത്തി മൂന്നര വർഷക്കാലവും തൻ്റെ ചെറിയ പ്രായം മുതൽ ഒരു ടീനേജറായിരുന്നപ്പോൾ മുതൽ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ മുതൽ താനൊരു അഡൽട്ടായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ശിഷ്യന്മാരുമായി ഒന്നിച്ചു നടന്നപ്പോൾ ശുശ്രൂഷ ചെയ്തപ്പോൾ ക്രൂശിൽ കിടന്നപ്പോൾ എല്ലാ സമയത്തും തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അപ്പോൾ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓരോ സാഹചര്യത്തിലും യേശുവിനെ കുറിച്ച് ഇവിടെ എന്താണ് പറയുന്നത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു എന്ന് നാം എന്തിനാണ് കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചത് താൻ മരണത്തിൽ രക്ഷിക്കപ്പെടണം താൻ ഒരിക്കലും മരിക്കരുത് എന്ത് മരണത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് അത് ക്രൂശിലെ മരണമല്ല എന്ന് നമുക്കറിയാം കാരണം യേശുക്രിസ്തു ക്രൂശില് മരിച്ചു എന്നാൽ പിന്നെ എന്ത് മരണത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് താൻ ഈ ഐഹിക ജീവകാലത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും പാപത്തിൻ്റെ ഫലമായുള്ള മരണത്തിൻ്റെ ഒരു അംശം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഒരിക്കൽ പോലും മരണത്തിൻ്റെ ഒരു ലാഞ്ചനയും അംശവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പാടില്ല അതുകൊണ്ട് അവൻ ഉറച്ചു നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തന്നെ മരണത്തിൽ നിരക്ഷിക്കുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു യേശുവിൻ്റെ പായ ഭക്തി നിമിത്തം യേശുവിന് ഉത്തരം ലഭിച്ചു പുത്രനെങ്കിലും പുത്രനായിരുന്നു എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് അവിടെ വായിക്കുന്നു നമ്മെ നിത്യരക്ഷയുടെ നമ്മുടെ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്ന യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുവാനായിട്ട് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും ദൈവത്തോട് കഴിച്ച് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമായിരുന്നു പ്രിയ സൗരിസവന്മാരെ യേശു ഈ നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ പാപം പത്തലെന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് നമുക്ക് എത്ര വിമുഖതയാണ് എത്ര ലാഘവത്തോടുകൂടിയാണ് നമ്മുടെ വാക്കുകളിലൂടെ നാം പാപം ചെയ്യുന്നത് എത്ര ലാഘവത്തോടുകൂടിയാണ് നമ്മുടെ കണ്ണുകളിലൂടെ നാം പാപം ചെയ്യുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മറ്റ് ജോലിസ്ഥലത്ത് കോളേജിൽ എല്ലായിടത്തും പാപത്തെ എത്ര ലാഘവത്തോടു കൂടിയാണ് നാം കാണുന്നത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടെ നിന്ന് പാപത്തെ പാപത്തെ എടുത്തു എത്ര ഗൗരവമായി എടുത്ത ഓരോ പരീക്ഷയുടെ മധ്യത്തിലും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ദൈവത്തോട് അപേക്ഷയും അഭയാചനയും കഴിക്കുകയും യേശുവിൻ്റെ ഭയഭക്തി നിമിത്തം യേശുവിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു അപ്രകാരം യേശു മുപ്പത്തിമൂന്നര വർഷക്കാലം യേശു ജീവിച്ചത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രൂസിൽ മരിച്ചത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് നാം എപ്പോഴും പറയാറുണ്ട് എന്നാൽ യേശു ഭൂമിയിൽ മുപ്പത്തിമൂന്നര വർഷക്കാലം ഒരു പാപവും ചെയ്യാതെ എല്ലാ പ്രലോഭനങ്ങളും നേരിട്ടെങ്കിലും ഒരു പാപത്തിനും വശുമതരാകാതെ പാപം ചെയ്യാതെ ഭൂമിയിൽ ജീവിച്ചത് എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മെ നമ്മുടെ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീരുവാൻ വേണ്ടിയാണ് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഓരോ സമയത്തും കർത്താവ് ആ പാപത്തിൻ്റെ പ്രലോഭനവും മധ്യത്തിൽ ദൈവത്തോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ രക്ഷണി പ്രവർത്തിക്കായി ഇന്ന് ഇവിടെ ഈ കോട്ടയത്തുള്ള ഈ വ്യക്തി നിങ്ങളുടെ പേര് അവിടെ നിങ്ങൾ എഴുതുക എൻ്റെ പേര് നമുക്കവിടെ എഴുതി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാനായിട്ട് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കുമ്പോൾ എനിക്ക് ഈ ഒരു പാപത്തിനും എനിക്ക് ഇടം കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് ഉറച്ച നെല്ലുവിളിയോടും കണ്ണുനീരോടും കൂടെ ദൈവത്തോട് അപേക്ഷയും അഭയാചനയും കഴിച്ചു അവന് ഉത്തരം ലഭിച്ചു അവിടുന്ന് മരണം മരിച്ചില്ല മരിക്കാതെ ജീവനോടെ ഈ ഭൂമിയിൽ ജീവിച്ചു നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ സത്യം പലരുടെയും ജീവിതത്തെ വെല്ലുവിളിക്കുകയും ജീവിതത്തിന് ആഴവും ജീവിതത്തിന് അർത്ഥവും ഒക്കെ നൽകിയ ചില സത്യങ്ങളാണ് എക്സാക്ട്ബ്ലോർ ഒക്കെ എപ്പോഴും പറയാറുള്ള നമ്മുടെ ചർച്ചിൽ തന്നെ നാം പലപ്പോഴും ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ് നാം പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ നമ്മളെന്തിനാണ് സഭയായിട്ട് കൂടി വരുന്നു നമ്മളെന്തിനാണ് സഭാ മീറ്റിങ്ങുകൾ നാം നടത്തുന്നത് പലപ്പോഴും നാം അറിയാതെ നമ്മുടെ മധ്യത്തിൽ പോലും ഇപ്രകാരം ആ നമ്മുടെ പ്രശ്നങ്ങളൊക്കെയുണ്ട് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവിടെ സഭയിൽ വരുന്നു നമുക്ക് കുറെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കിട്ടും സഹോദരന്മാരെ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയും നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നു സമാധാനം കിട്ടുന്നു നാം തിരിച്ചു തിരികെ പോകുന്നു എന്നാൽ പ്രിയ സൂര്യസ്വരന്മാരെ നമുക്ക് അപ്രകാരമുള്ള ഒരു വെറുതെ നമുക്ക് ബാഹ്യമായ ചില ആശ്വാസങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം സഭയായിട്ട് ഇവിടെ കൂടുന്നത് നാം നിത്യതയെക്കുറിച്ച് നാം പാ പല പാട്ടുകൾ പാടുകയുണ്ടായി കർത്താവിൻ്റെ വരുമെങ്കിൽ നാം ദൈവത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ ജീവിതത്തിലെ മല്ലന്മാരായി നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മെ വീണ്ടും വീണ്ടും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കോപമാകട്ടെ നമ്മുടെ മോഹമാകട്ടെ നമ്മുടെ നികളമാകട്ടെ നമ്മുടെ അഹന്തയുടെ ചിന്തകളാകട്ടെ നമ്മുടെ മറ്റ് അന്യോന്യമുള്ള പിണക്കമാകട്ടെ ഈർഷിയാകട്ടെ എല്ലാ ഈഗോയുടെയും ഞാൻ നമ്മുടെ പിടിവാശിയാകട്ടെ നമ്മുടെ പെട്ടെന്ന് മുറിപ്പെടുന്ന സ്വഭാവമാകട്ടെ അതിന് മധ്യത്തിൽ ദൈവമേ എനിക്ക് വേണ്ടി കർത്താവെ അങ് ഈ ഭൂമിയിൽ മുപ്പത്തി മൂന്നര വർഷം ഇവിടെ ജീവിച്ചപ്പോൾ ഒരു പാപവും ചെയ്യാതെ കർത്താവെ എല്ലാ അറ്റംപ്റ്റേഷനും അങ്ങ് നേരിട്ടെങ്കിലും ഒരു പാപവും ചെയ്യാതെ അങ്ങ് എന്നെ ഓർത്തുകൊണ്ട് കർത്താവെ ഈ ഭൂമിയിൽ അങ്ങ് ജീവിച്ചല്ലോ കർത്താവെ എനിക്ക് എന്നെ അങ്ങ് സഹായിക്കണമേ നാം ഒന്ന് നാം വായിക്കുന്നുണ്ട് അവൻ അവനിൽ പാപമില്ലായിരുന്നു അവൻ പാപം ചെയ്തില്ല അവൻ്റെ വായിൽ വഞ്ചന ഇല്ലായിരുന്നു എന്നൊക്കെ വായിച്ച് അത് കഴിഞ്ഞ പത്ര ദിവസത്തിനെക്കുറിച്ച് പറയുന്നു നിങ്ങൾക്ക് പിന്തുടരുവാൻ അവിടെ നിന്ന് ഒരു മാതൃക അവിടെ നിന്ന് വെച്ചേച്ചു പോയിരിക്കുന്നു നമുക്ക് പിന്തു പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് യേശു ക്രിസ്തു പോയിരിക്കുന്നു യേശു ക്രിസ്തു അങ്ങനെയാണ് അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ജീവിച്ചത് നമ്മെ രക്ഷിക്കുവാനായി നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിനായി യേശു ഇപ്രകാരം എത്ര ഗൗരവത്തോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് നമ്മളിബ്രായി ലേഖനം രണ്ടാം അധ്യായത്തിലും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നാം വായിക്കുന്നു അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വം വരുത്തുവാൻ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വം വരുത്തുവാൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്വം വരുത്തുവാൻ എന്ന് പറയുമ്പോൾ അത് ആ കാൽവരിക്രൂശിലെയും മരണത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്വത്തിനായി വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു എന്നെ രക്ഷിക്കുവാൻ പ്രിയ സൗരസവന്മാര് എന്റെ പാവങ്ങൾക്ക് പ്രായശിത്വം വരുത്തുവാൻ എന്റെ പാവങ്ങൾ ക്ഷമിക്കുവാൻ യേശു ക്രിസ്തു കാൽവരിക്രൂസിൽ മരിച്ചു എഴുന്നേറ്റ് യേശുവിനെ രക്തത്താൽ എന്റെ പാപത്തിന് കഴുകൽ ഇന്ന് അത് പ്രാപ്യമാകുന്നെങ്കിൽ അതെനിക്ക് സാധിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എനിക്ക് സദൃശ്യനായി ഈ ഭൂമിയിൽ ഇവിടെ വന്നെങ്കിലും യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ പതിനെട്ടാം വാക്യം താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ അവൻ പരീക്ഷപ്പെട്ട ഓരോ സമയങ്ങളിലും യേശു കഷ്ടത്തിന്റെ പാത തിരഞ്ഞെടുത്തു വേണ്ട എന്നുള്ള പാത തിരഞ്ഞെടുത്തു എൻ്റെ ഇഷ്ടമല്ല കർത്താവ് ഞാനിവിടെ എൻ്റെ ഇഷ്ടത്തെ വിടുവാൻ ഞാൻ തയ്യാറാണ് ദൈവമേ അങ്ങയുടെ ഹിതത്തിനായി ഞാൻ കർത്താവ് ഇവിടെ ഒരു പ്രലോഭനത്തിനും വേണ്ട എന്ന് വെക്കുമ്പോൾ അവിടെ നമുക്ക് ജഡത്തിൽ ഒരു കഷ്ടതയുണ്ട് നാം പാപത്തെ എൻ്റെ പ്രലോഭനത്തിൻ്റെ ശക്തി വരുമ്പോൾ അവിടെ അതിനെ നിരാകരിക്കുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ ഞാനത് അതിനായിട്ട് എന്നെ തന്നെ എൻ്റെ സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുമ്പോൾ എൻ്റെ ജഡത്തിൽ എനിക്ക് ഒരു കഷ്ടത അനുഭവിക്കുക ആ കഷ്ടതയിലൂടെ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു എന്ന് നാം വായിക്കുന്നു നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് യേശുവിന് നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയും കാരണം യേശു പരീക്ഷിക്കപ്പെട്ടു യേശു ആ പരീക്ഷയിൽ കഷ്ടമനുഭവിച്ച് പരീക്ഷയ്ക്ക് വേ വശംവതനാകാതെ പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ചു അതുകൊണ്ട് അവിടുന്ന് എൻ്റെ ബലഹീനതകൾ സഹതപിക്കുവാൻ കഴിവുള്ളവനാണ് എന്നെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവനാണ് എന്നെ ശക്തീകരിക്കുവാൻ കഴിവുള്ളവനാണ് എന്നെ വിടുവിക്കുവാൻ അവിടുന്ന് കഴിവുള്ളവനാണ് നമുക്ക് ഈ സത്യങ്ങൾ നാം വീണ്ടും വണ്ണം അത് നാം ഗ്രഹിച്ചിട്ടില്ല അതിൻ്റെ ആഴം അതിൻ്റെ പ്രാധാന്യം നാം വേണ്ടുവണ്ണം നാം ഗ്രഹിച്ചിട്ടില്ല നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രിയ സൗരസവന്മാരെ നമ്മെ സംബന്ധിച്ചോളം കർത്താവിൻ്റെ പരവെങ്കിൽ നമുക്ക് അനേക വർഷങ്ങളായി ഒരു ക്രിസ്ത്യാനിയായി നിങ്ങളായിരിക്കുന്നു ഞാനായിരിക്കുന്നു അനേക വർഷത്തിൻ്റെ പാരമ്പര്യം നമുക്ക് പറയുവാനുണ്ട് ബൈബിളിലുള്ള പല പല കാര്യങ്ങളും ബൈബിൾ വാക്യങ്ങളെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും നമുക്ക് സംസാരിക്കുവാനും പറയുവാനും കഴിയും എന്നാൽ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ചിന്തകളെ നാം നോക്കുമ്പോൾ നാം എത്രത്തോളം ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെ ഗൗരവമായി നാം എടുക്കുന്നു ഈ പാപം കർത്താവെ എന്നെ അലട്ടുന്ന പല നാളുകളായി ഞാൻ വീണ്ടും വീണ്ടും അതിന് ഞാൻ അനുവദിക്കുകയാണ് ഈ അനുവാദം ഞാൻ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അനുവാദം കൊടുക്കുന്നത് കാരണം യേശു ഈ ഭൂമിയിൽ ജീവിച്ച് യേശു ഓരോ പരീക്ഷയെയും എന്നെ പോലെ സദൃശ്യനായി ഭൂമിയിൽ വന്ന് യേശു പരീക്ഷയെ ജയിച്ചത് ദൈവമായിട്ടല്ല ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ യേശു മനുഷ്യനായി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ യേശുവിൻ്റെ പ്രലോഭനങ്ങളിൽ യേശുവിൻ്റെ പരീക്ഷകളിൽ യേശു ഒരു മനുഷ്യനായി പിതാവിനോട് ഉറച്ചു നിലവിളിയോടും കണ്ണിനിരോടും കൂടി അപേക്ഷയും അഭിയാചനയും കഴിച്ച് ആ പരീക്ഷയുടെ സാഹചര്യത്തിൽ ക്രൂസിന്റെ മാർഗം അവിടെ തിരഞ്ഞെടുത്ത് യേശു സ്വന്തഹിതത്തെ ത്യജിച്ചതുകൊണ്ടാണ് പരീക്ഷയെ ജയിച്ചത് യേശു കാൽവരി ക്രൂസിൽ യാഗമായി തീർന്നു അവിടെ ക്രൂസിൽ യേശു തൂങ്ങി എന്നുള്ളത് നമുക്കറിയാം ആ ക്രൂശിലെ മരണത്താൽ നമുക്ക് രക്ഷ വന്നു എന്ന് നാം പറയുമ്പോൾ അതിനു മുമ്പ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു ബാലനായി ജീവിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായി ജീവിച്ചപ്പോൾ ഒരു അടൽട്ടായി ജീവിച്ചപ്പോൾ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയും ഞാൻ വേർവാടിൻ്റെ വേദന അത് യേശു അനുഭവിച്ചിട്ടുണ്ടോ തീർച്ചയായും അനുഭവിച്ചിട്ടുണ്ട് തിരസ്കരണത്തിൻ്റെ വേദന അതിൻ്റെ ആ ടെംപ്റ്റേഷൻ്റെ ശക്തി യേശു അനുഭവിച്ചിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് എന്ത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി നിങ്ങളോട് നിങ്ങളെ നിങ്ങളോട് കോപിക്കുന്നു നിങ്ങളോട് ദേഷ്യുന്നു നിങ്ങളോട് അൺറീസണബിളായി പെരുമാറുന്നു ആ പരീക്ഷ കടന്നുപോയിട്ടുണ്ടോ അതേശു കടന്നു പോയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഞാൻ കടന്നുപോകുന്ന ഈ തീവ്രമായ പരീക്ഷകൾ യേശു കടന്നുപോയിട്ടുണ്ടോ യേശു ഒരു ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ ജീവിച്ചു യേശു കടന്നുപോയി എന്നാൽ യേശു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല യേശു ആ പാപത്തെ എല്ലാം യേശു ജയിച്ചു ഹാലിലൂയ്യ നമുക്ക് നമുക്ക് യേശുവിൻ്റെ ഈ ഒരു ജീവിതം നമ്മെപ്പോലെ ഈ ഭൂമിയിൽ വന്ന് പരീക്ഷിക്കപ്പെട്ടു നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല എന്ന ഈ സത്യം അത് നമ്മെ വെല്ലുവിളിക്കുന്നു അതുമാത്രമല്ല അത് നമുക്ക് ആശ്വാസവും പകരുന്നു അത് നമുക്ക് ആശ്വാസം പകരുന്നത് എങ്ങനെയാണ് ഇബ്രാഹ്ലിഹിനും നാലാമത്തെ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിച്ചു നമ്മുടെ ബലഹീനതകളിൽ കർത്താവിന് സഹതാപം കാണിക്കുവാനായിട്ട് കഴിയും കാരണം നമ്മെപ്പോലെ അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ തീവ്രത യേശുവിന് മനസ്സിലാകും യേശുവിൻ്റെ അടുക്കലേക്ക് എനിക്ക് പോയി യേശുവിൽ എനിക്ക് ശക്തി പ്രാപിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും എനിക്ക് കഴിയും നാം ഈ കാര്യത്തെ നാം ഗൗരവമായി എടുക്കേണ്ടതുണ്ട് അപ്രകാരം യേശു ജീവിച്ചു ഈ മുപ്പത് വയസ്സ് വരെ യേശു മിനിസ്ട്രിയൊന്നും ചെയ്യാതെ തന്നെ ഭവനത്തിലായിരുന്നപ്പോൾ നമുക്ക് ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയാം ഭവനത്തിലായിരിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് നാം വായിക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലനായ യേശുവിനെക്കുറിച്ച് നാം വായിക്കുന്നത് ബാലനെല്ലാം ദൈവ ബാലനായ യേശുവിന് ദൈവവചനത്തിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാൽ നാം അവിടെ വായിക്കുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നസ്രിയത്തിലേക്ക് വന്ന് തൻ്റെ മാതാവിന് മറിയയ്ക്ക് തൻ്റെ വീട്ടിൽ അവൻ കീഴ്പ്പെട്ടിരുന്നു തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന് നാം വായിക്കുന്നു കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ആ സമയത്ത് യേശുവിന് പരീക്ഷകൾ വന്നില്ലേ എന്തെങ്കിലും നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നു നീ വാ എന്ന് പറയുമ്പോൾ അവിടെ കളിയിൽ തുടരാനാണ് യേശുവിനും സ്വാഭാവികമായി അപ്രകാരമായിരുന്നു താല്പര്യം എന്നാൽ യേശു ഒരിക്കലും അപ്രകാരം ചെയ്തില്ല ഒരിക്കൽ പോലും യേശു ആ ദൈവ് പിതാവിൻ്റെ ഒരു തരത്തിലുള്ള മത്സരത്തിന് ഒരു തരത്തിലുള്ള പാപത്തിന് യേശു ഇടം കൊടുത്തില്ല ഒരു ചെറുപ്പക്കാരെന്ന നിലയിൽ അതുകഴിഞ്ഞ് ഒരു അഡൽട്ട് എന്ന നിലയിൽ നാം ഒക്കെ ഏത് തരത്തിലുള്ള ആ പാപത്തിൻ്റെ പ്രലോഭനമാണ് നാം ഇന്ന് കടന്നു പോകുന്നതെങ്കിലും യേശു അതിലൂടെ കടന്നുപോയി ഒരു മനുഷ്യനായി തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നെല്ലിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭിയാചനയും കഴിച്ച് യേശു ആ പാപത്തെ ജയിച്ചു അതുകൊണ്ട് നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു അതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും നമുക്ക് അതുകൊണ്ട് നമുക്ക് യാതൊരു എക്സ്ക്യൂസുമില്ല നമുക്ക് നമുക്ക് ദൈവമുഖത്തേക്ക് ആ രീതിയിൽ നാം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം പാപത്തെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് യേശു ജീവിച്ചു ജീവിച്ചു കഴിഞ്ഞ് നമ്മുടെ രക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് യേശു മൂന്നര വർഷം അവിടെ ശുശ്രൂഷ ചെയ്തത് ആ ശുശ്രൂഷ ചെയ്ത സമയത്തും പലതരത്തിലുള്ള ശിഷ്യന്മാർ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ആളുകൾ അവിടുത്തെ അധികാരികൾ യേശു പലതരത്തിൽ യേശുവിനെ ഉപദ്രവിക്കുന്നു അതിൻ്റെയൊക്കെ മധ്യത്തിൽ അവിടുന്ന് വിജയകരമായ ഒരു ജീവിതം ജീവിച്ചു അതിൽ ദൈവം ആഗ്രഹിച്ച ചിലരെ യേശു തൻ്റെ ശിഷ്യരായി യേശു തിരഞ്ഞെടുത്തു ആ പന്ത്രണ്ട് പതിനൊന്ന് ശിഷ്യന്മാരിലൂടെ ഇന്ന് ലോകത്തെ കീൽമേൾ കീഴ്മേൽ കീഴ്മേൽ മറിച്ച് ആ ശിഷ്യരിലൂടെ അതും ഈ രക്ഷണ പ്രവർത്തിയുടെ ഒരു ഭാഗമായിരുന്നു അവരിൽ ഒരു ശിഷ്യനാണ് ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞതും നമുക്ക് യേശുവിനെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയായതിൻ്റെ ഒരു കാരണം എന്നാൽ ഒരു മൂന്നര മൂന്നര വർഷക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിൻ്റെ ശുശ്രൂഷ ആ ശുശ്രൂഷയുടെ ലൂടെയും യേശു ഓർത്തു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ ആ മൂന്നര വർഷത്തെ ശുശ്രൂഷ ചെയ്തു അത് കഴിഞ്ഞ് യേശു ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ആ ദിവസത്തിനുള്ളിലാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും യേശു ക്രൂശിൽ മരിക്കുമ്പോഴും യേശു നമ്മെ ഓർത്തു ഗത്സവനത്തോട്ടത്തിൽ യേശു അവിടെ നിന്ന് ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങിപ്പോകണം എന്ന് കർത്താവ് പ്രാഗ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോഴും കർത്താവ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കർത്താവ് ഞാൻ ഈ പാനപാത്രം ഒഴിവാക്കിയാൽ ഞാനിപ്പോൾ ഈ ക്രൂശിൽ മരിച്ചാൽ സന്തോഷ് അല്ലെങ്കിൽ ഇവിടെയുള്ള എക്സോർവായ് നിങ്ങൾ ഓരോരുത്തരും അവന്റെ രക്ഷ അത് പൂർത്തിയാവുകയില്ല ഞാൻ ക്രൂസിൽ മരിച്ച് എന്റെ രക്തം ചിന്തി ഇവിടെ ഇത്രയും മുപ്പത്തി വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു പാവവും ചെയ്യാതെ ഇവിടെ ജീവിച്ച് ഈ ക്രൂസിൽ കിടക്കുമ്പോഴും അവിടെയും തീവ്രമായ പരീക്ഷകൾ യേശുവിനെ നേരിട്ടു നീ യൂദന്മാരുടെ രാജാവ് പറയുന്ന പറഞ്ഞ് കളിയാക്കുന്നവർ കുന്തം കൊണ്ടവിലാപ്പുറത്ത് കുത്തുന്നവർ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവനെ തന്നെ തന്നെ രക്ഷിക്കുൻ കഴിയുകയില്ലോ എന്ന് ചോദിച്ച് ആക്രോശിച്ച് യേശുവിനെ കളിയാക്കുന്നവർ അങ്ങനെ കളിയാക്കുന്നവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ ആ സാഹചര്യത്തിലും ആ തീവ്രമായ വേദനയുടെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചു പാപം ചെയ്യാതെ ശരിയായ രീതിയിൽ കർത്താവ് പ്രതികരിച്ചു അതിനുശേഷം യേശു ജീവനെ വെടിഞ്ഞപ്പോൾ ആ രക്തം ചിന്തിയപ്പോൾ യേശു ക്രൂശ്യാഗമായി തീർന്നപ്പോൾ എന്നെയും നിന്നെയും ഓർത്തു നമ്മുടെ രക്ഷയ്ക്കായ യേശു കാൽവറി ക്രൂസിൽ മരിച്ചു യേശു എന്തുകൊണ്ടാണ് മരണശേഷം യേശു ഉയർത്തെഴുന്നേറ്റത് ഈ കർത്താവ് ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണം ദൈവമാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ചരിത്രത്തിൽ ആരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശു എന്തുകൊണ്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യേശുവിൻ്റെ ശരീരത്തെ മരണത്തിന് പിടിച്ചടക്കുവാൻ കഴിയുകയില്ലായിരുന്നു ദൈവത്തിന്റെ വചനം ത്തിൽ നമ്മാരം വായിക്കുന്നുണ്ട് കാരണം യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു ലാഞ്ചിനു പോലും യേശുവിൻ ഇല്ലായിരുന്നു യേശു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിനും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിന്റെ ശക്തിയോട് ഉയർ ഉയർപ്പിന്റെ യേശു ഉയർത്തെഴുന്നേറ്റു ഇന്ന് ദൈവത്തിന്റെ വലത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് യേശുവിന് നമ്മോടുള്ള ഈ ആഴമായ സ്നേഹം ക്രൂശിലെ ചില മണിക്കൂറുകളുള്ള യേശുവിൻ്റെ മരണം മാത്രമല്ല യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു ഓരോ പരീക്ഷകളെയും നേരിട്ടപ്പോൾ യേശു അതിനോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നെയും നിന്നെയും ഓർത്താണ് കർത്താവ് വേണ്ട എന്ന് പറഞ്ഞത് പ്രിയ ചെറുപ്പക്കാരെ പ്രിയ കുഞ്ഞുങ്ങളെ പ്രിയ മുതിർന്ന സൗരിസന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തെ ലാഘവുമായി എടുത്ത് ഉള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു ഗൗരവബോധത്തോടു കൂടെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് വരാം കർത്താവേ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞുപോയി കർത്താവെ ഞാൻ പല പാവങ്ങളെയും ഇപ്പോഴും ലാഘവത്തോടു കൂടെ ഞാൻ എടുക്കുന്നു എൻ്റെ ദേഷ്യത്തെ ഞാൻ ന്യായീകരിക്കുന്നു കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ മോഹത്തെ ഞാൻ ന്യായീകരിച്ചു കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ മുമ്പോട്ട് പോവുകയാണ് എന്നോട് ക്ഷമിക്കണമേ കർത്താവെ എൻ്റെ സ്വയത്തിൻ്റെ ശക്തിയെ കർത്താവെ അങ്ങ് എനിക്ക് ഇപ്രകാരം നുറുക്കപ്പെട്ടിട്ടും ഇപ്രകാരം കർത്താവെ ഓരോ പാപത്തെയും അങ്ങ് ത്യജിച്ചിട്ടും കർത്താവെ ഇപ്രകാരം അങ്ങ് നുറുക്കപ്പെട്ടിട്ടും കർത്താവെ ഞാൻ നുറുങ്ങുവാൻ മനസ്സില്ലാതെ എൻ്റെ സ്വയത്തിന് ശക്തിയിൽ പിടിച്ചുകൊണ്ട് കർത്താവെ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബജീവിതത്തിൽ ഞാനിതാ കർത്താവെ അങ്ങനെ വീണ്ടും ക്രൂശിക്കുന്നവനാണ് എന്നോട് ക്ഷമിക്കണമേ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ രക്തത്താലിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കഴുകി എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി എടുക്കുവാൻ എന്നെ സഹായിക്കണമേ നിങ്ങൾ ചെറുപ്രകാരപ്രകാരം പറയുമോ മുതിർന്നവരായ നമുക്ക് അങ്ങനെ പ്രകാരം പറയുമോ നാം അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ഗൗരവമായി എടുക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വ്യത്യാസം കാണുവാനായിട്ട് കഴിയും ദൈവം നമ്മെ സഹായിക്കും നമ്മെ സഹായിക്കുവാൻ നമ്മെ ശക്തീകരിക്കുവാൻ അവിടുന്ന് ഉണ്ട് നമുക്ക് വേണ്ടി പക്ഷുപാതം ചെയ്യുന്നു അവിടുന്ന് നമ്മെ ബലപ്പെടുത്തും എന്നാൽ നാം അതിനുവേണ്ടി മനസ്സ് വയ്ക്കുകയും നാം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ആ രീതിയിൽ ദൈവത്തെ ഇവിടെ ആശ്രയിക്കുകയും ചെയ്യണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വളരെ ആ അതൊക്കെ അങ്ങനെ ഉണ്ടാവും എൻ്റെ കുടുംബത്തിൽ പണ്ടേ ഞങ്ങൾ ദേഷ്യക്കാരാണ് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ കുടുംബത്തിൽ പണ്ടേ ദേഷ്യക്കാരാണ് ഞങ്ങൾ ഇന്ന കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയപ്പെടുന്നത് നമുക്കിങ്ങനെയുള്ള എക്സ്ക്യൂസുകളുമായിട്ടാണ് നാം മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയില്ല എന്നാൽ എന്നാൽ നാം ഒരു ന്യായീകരണങ്ങളും ഇല്ലാതെ ഒരു ന്യായീകരണങ്ങളും ഇല്ലാതെ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഞാൻ ഇന്നത്തെ ചിന്താവിഷയത്തിലാണെന്ന് തോന്നുന്നു അവിടെ ഒരു രാജാവ് ജയിലിലേക്ക് ചെന്നപ്പോൾ ആ ജയിലിൽ ജയിൽ സന്ദർശിക്കാൻ പോയതാണ് ജയിൽ സന്ദർശിക്കാനായിട്ട് പോയപ്പോൾ അവിടെയെല്ലാം പലതരത്തിലുള്ള വളരെ വളരെ തീവ്രമായ കുറ്റങ്ങൾക്ക് വേണ്ടി ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആ ജയിലിലുണ്ട് ഓരോരുത്തരോടും അദ്ദേഹം സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം അവരോട് ചോദിച്ചപ്പോൾ എന്താണ് അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു അത് ഇന്നാൾ അങ്ങനെ ചെയ്തു ഇന്നാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ കാര്യമായി തെറ്റൊന്നും ചെയ്തില്ല എന്നാലും എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടിട്ടു ഓരോരുത്തർക്കും അവരെക്കുറിച്ചുള്ള ന്യായീകരണങ്ങളുണ്ടായിരുന്നു ഞാനല്ല തെറ്റ് ചെയ്തു അവർ തെറ്റ് ചെയ്തു ഇവർ തെറ്റ് ചെയ്തു അങ്ങനെ എല്ലാ ആളുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതല്ല ഒരാൾ ഒരാൾ പറഞ്ഞു ഞാനാണ് തെറ്റുകാരൻ എൻ്റെ തെറ്റുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ രാജാവ് പറഞ്ഞു ഇത്രയും നീതിമാന്മാരുടെ ഇടയിൽ തെറ്റുകാരനായി ഈ ഒരാളിവിടെ ജയിലിലായിരിക്കുന്നത് ശരിയല്ല ഇദ്ദേഹത്തെ തുറന്നു വിട്ടേക്കാൻ പറഞ്ഞു അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി എന്നാണ് നാം അവിടെ വായിക്കും നമുക്ക് പ്രിയ സൗരിശുരന്മാരെ നമുക്ക് നമ്മുടെ ന്യായീകരണങ്ങളുമായി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല നാം നമ്മുടെ ഉള്ള അവസ്ഥയെ അത് ചെറുപ്പക്കാരനായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ നമ്മുടെ ഉള്ള അവസ്ഥയെ ദൈവത്തോട് സമ്മതിക്കുക ദൈവമേ ഞാൻ ഇനിയും ന്യായീകരിച്ചുകൊണ്ട് എന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് അങ്ങയുടെ കർത്താവെ ഈ ജീവിതം എനിക്ക് വേണ്ടി പാവമില്ലാതെ ജീവിച്ച ജീവിതത്തിൻ്റെ ആ വലിപ്പത്തെ ഞാൻ തുച്ഛീകരിക്കുകയില്ല കർത്താവേ അങ്ങ് ഈ ഭൂമിയിൽ കർത്താവെ അങ് ഊണ് മുറക്കവുമില്ലാതെ ഈ ഭൂമിയിൽ കർത്താവെ ശുശ്രൂഷിച്ച് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് കർത്താവെ കാൽവരി ക്രൂസിൽ തീവ്രമായി വേദനയേറ്റ് ചാട്ടവാട കൊണ്ട് അടിയേറ്റ് മുൽ കിരീടം വഹിച്ച് കർത്താവ് കൊണ്ട് കുത്തപ്പെട്ടവനായി രക്തം ചിന്തി കർത്താവെ അവിടെ ഉണ്ടായിരുന്ന തീവ്രമായ പരീക്ഷകളെയും ജയിച്ച് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചത് കർത്താവെ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവെ ഞാൻ പാപത്തെ ലാഘവത്തോടു കൂടെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഗൗരവബോധം നമുക്കുണ്ടാവട്ടെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതം എത്രമാത്രം കുഴപ്പമുള്ളതാണെങ്കിലും ദൈവത്തിന് അത് മാറ്റുവാനായിട്ട് കഴിയും അവിടുന്ന് ഒരു പരമവൈദ്യനാണ് ആ എന്നാൽ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ന്യായീകരണങ്ങളില്ലാതെ സത്യസന്ധമായി ദൈവത്തിൻ്റെ നമ്മുടെ ഉള്ള അവസ്ഥയെ സമ്മതിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ വന്നാൽ കർത്താവിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ മാത്രമല്ല അവിടുന്ന് നമ്മുടെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനും നമ്മെ മാറ്റുവാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ നമ്മുടെ പെരുമാറ്റങ്ങളിലൊക്കെ ദൈവത്തിന് അവൻ അവൻ്റെ ജീവിതത്തിൽ ആ സഹോദരൻ്റെ ജീവിതത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾക്കത് ആഗ്രഹമില്ലേ നമുക്ക് അത് ആഗ്രഹമില്ലേ നമുക്ക് തീർച്ചയായും ആഗ്രഹിക്കുക മാത്രമല്ല ീ കാര്യത്തിൽ ലേശു കടന്നുപോയ ആ വേദന ആ കഷ്ടത എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലും തൻ്റെ മരണത്തിലും കർത്താവ് കടന്നുപോയ വേദന നാം ഓർക്കുകയും നമുക്ക് നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒരു പുതിയ അർത്ഥത്തിൽ നമുക്ക് ദൈവത്തിന് ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം കർത്താവെ നാം ഇങ്ങനെ പാടാറുണ്ട് ക്രൂശ്യന്മേൽ ക്രൂശന്മേൽ ഞാൻ കാണുന്നു എനിക്കായ പ്രാണനാഥൻ ചാകുന്നു അതുകൊണ്ട് കർത്താവെ പാപത്തെ സ്നേഹിക്കുവാൻ ഞാൻ ലോകത്തെ സ്നേഹിക്കുവാൻ ഞാൻ ഇനി പോവുകയില്ല എന്ന് നാം പാടാറുണ്ട് എന്നാൽ അതിനോട് ചേർന്ന് നമുക്ക് പറയാം കർത്താവെ ക്രൂശിന്മേൽ മാത്രമല്ല ഞാൻ അങ്ങയുടെ സ്നേഹത്തെ ഞാൻ കാണുന്നത് ഈ ഭൂമിയിലെ അങ്ങയുടെ ജീവിതത്തിൽ ഉടനീളം കർത്താവെ ഒരു ക്രൂശ് വഹിച്ചുകൊണ്ട് ആന്തരികമായ ഒരു ക്രൂശോടെ ആന്തരികമായ ആ വേദനയോടെ അങ്ങ് ജീവിച്ചു അവിടെയും കർത്താവോടുള്ള സ്നേഹം ഞാൻ കാണുന്നു കർത്താവെ അങ്ങ് അങ് ഹൃദയത്തിൽ വഹിച്ച ക്രൂശിലും ഞാൻ അങ്ങ് എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തെ ഞാൻ കാണുന്നു അങ്ങ് കാൽവറി ക്രൂശിൽ അങ്ങ് യാഗമായി തീർന്നപ്പോഴും എന്നോടുള്ള സ്നേഹത്തെ ഞാൻ കാണുന്നു അതുകൊണ്ട് കർത്താവെ ഞാൻ പാപത്തെ സ്നേഹിക്കുകയില്ല കർത്താവെ ഞാൻ ലോകത്തെ സ്നേഹിച്ച് പാപത്തെ സ്നേഹിച്ച് കർത്താവ് എൻ്റെ സ്വന്ത വഴിയിലും സ്വന്ത ഇഷ്ടപ്രകാരവും ഞാൻ പോയി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ മാറിപ്പോവുകയില്ല ഞാൻ അങ്ങയുടെ നാമത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല അങ്ങയെ വേദനിപ്പിക്കുകയില്ല കർത്താവെ അങ്ങേ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല കർത്താവെ അങ്ങയുടെ നാമത്തിന് കർത്താവെ ഞാൻ വീണ്ടും വേദന വരുത്തൊരുവനായി ഞാൻ മുമ്പോട്ട് പോവുകയില്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പലപ്പോഴും ദൈവത്തിനുള്ള പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിറവേറാത്തതിൻ്റെ കാരണം നാം നമ്മുടെ ജീവിതത്തെ വളരെ ലാഘവത്തോടു കൂടി എടുത്ത് പാപത്തെ നാം ഗൗരവബോധമില്ലാതെ നാം അലസ്രായി നാം ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ഈ സി സഭയിലുള്ള നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ചെറുപ്പക്കാരും മുതിർന്നവരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാപമാകട്ടെ നിങ്ങളിതുവരെ അത് ഗൗരവമായിട്ടെടുക്കാത്ത ഒരു പാപമാണെങ്കിൽ ഇന്ന് ദൈവത്തോട് പറയുക കർത്താവെ എന്നോട് ക്ഷമിക്കണമേ കർത്താവെ അത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയില്ല കർത്താവെ അങ്ങേക്കെന്നെ വിടുവയ്ക്കുവാൻ കഴിയും അങ്ങേക്ക് പാപത്തെ ക്ഷമിക്കുവാൻ കഴിയും അങ്ങേക്കെന്നെ മാറ്റുവാൻ കഴിയും കാരണം പാപത്തിന്റെ പ്രലോഭനത്തിന്റെ തീവ്രത അങ്ങ് അനുഭവിച്ചതാണ് എന്നാൽ അങ്ങ് ഒരു മനുഷ്യനായി കർത്താവെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങ് ജയിച്ചു കർത്താവെ എനിക്കും കർത്താവെ ഈ ഭൂമിയിൽ അപ്രകാരം ജയിക്കുക ജീവിക്കുവാനായിട്ട് അങ്ങനെ സഹായിക്കും നാം ഏതെങ്കിലും സമയത്ത് നമുക്ക് നാം താഴെ വീഴുമ്പോൾ നാം നിരാശപ്പെടാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വീണ്ടും പോകാം കാരണം അവിടുന്ന് നമ്മുടെ ബലഹീനതകളിൽ സഹതാവാൻ കഴിക്കുവാൻ കഴിവുള്ളവനാണ് അവിടുന്ന് നമ്മക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വീണ്ടും ചെല്ലുവാനായിട്ട് കഴിയും നമുക്ക് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും ഒരു ഗൗരവബോധത്തോടു കൂടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം കഴിഞ്ഞ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ചെറുപ്പക്കാരാകട്ടെ മുതിർന്നവരാകട്ടെ ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും അലസ്വതകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ തുടക്കം നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് അപ്രകാരം തുടങ്ങാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നാം പാടിയ ആ പാട്ടിൻ്റെ അത് രണ്ട്